uh mm -hmm. ഉദ്ദഗുഹാരുദം പുത്രം ഉച്ച സ്വപ്നന്ദം സ്വമ്യഹീതി പുരുഷസ്വപീതി നമ്മ सदा കസ്ഗതി മറ്റൊരിടത്തും ജീവന്റെ അപീതി ലയം ബ്രഹ്മവിദ്ധർമ്മജ്ഞാനികൾ അംഗീകരിക്കുന്നില്ല ഇത് മൂന്ന് ജീവന്റെ അനുഭവമാണ് അതിൽ സ്വപ്നത്തിലും ജാഗ്രതത്തിലും ജീവൻ സത്തിൽ വിലയിക്കുന്നില്ല മൂന്നും വിശദീകരിച്ചു കൊടുത്തു അതേവ് സ്വപ്നാന്ത സ്വപ്നാന്തം എന്ന് പറയുന്നത് സുഷുതിയാണ് സ്വപ്നാന്ത രണ്ടുതരത്തിൽ വ്യാഖ്യാനിച്ചു ജാഗ്രത്തിന്റെ ജാഗ്രത സ്വപ്നവും രണ്ടു സ്ഥലത്തും ദർശനവൃത്തി അനുഭവം ഉണ്ടോ അതാണ് സ്വപ്നം ദർശനം രണ്ടു സ്ഥലത്തുമുണ്ട് സ്വപ്ന അന്തം അതിന്റെ അവസാനം ദർശനം അല്ലെങ്കിൽ അതില്ലാതിരിക്കുന്ന സ്ഥാനമാണ് സുഷക്തി അങ്ങനെ സ്വപ്നാന്ന് തോന്നുന്നു എല്ലാ അനുഭവങ്ങളുടെയും അവസാനം അത് സ്വപ്നത്തിനുണ്ടോ എന്നും പറഞ്ഞു പറഞ്ഞത് പുണ്യാണ്യങ്ങൾ സുഖദുഃഖങ്ങൾക്ക് ഹേതുവാണ് സ്വപ്നത്തിനും സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട് ജാഗ്രത പോലെ സ്വപ്നം ഒരു വ്യത്യാസം നിന്നുകൊണ്ട് അവിദ്യ കാമ കർമ്മ സംസാര ഹേതുവി സംയുക്ത സ്വപ്നം അസ്വപ്നത്തിനും സംസാരഹേതുവായ അവിദ്യാ കാമ കർമ്മങ്ങൾ കൂടിയിരിക്കുന്നു ഇതിലുമീതോഭൂതി അതുകൊണ്ട് അപീതനാകുന്നില്ല ജീവൻ എന്ന് പറയാൻ കഴിയില്ല സ്വപ്നത്തിലും അവിദ്യാകാമകർമ്മങ്ങൾ സംസാരഹേതുക്കളോടുകൂടിയിരിക്കുന്നു അത്ര ഒരു യുക്തിയാണ് ഇവിടെ പറയുന്നത് അതായത് ഹേതു ഉള്ളത് കൊണ്ട് ഫലമുണ്ടാകുന്നു സംസാര ഹേതുക്കൾ ജാഗ്രത സ്വപ്നത്തിനുണ്ട് എന്താണ് വിദ്യാകാമകർമ്മങ്ങൾ അതുകൊണ്ട് സംസാരം ജാഗ്രത സ്വപ്നത്തിനുണ്ട് സുഖതുക്കാതി അനുഭവമാണ് സംസാരം ആ സുഖതുക്കാതി അനുഭവം ജാഗ്രത്തിന് സ്വപ്നത്തിനുണ്ട് ഹേതു ഉള്ളതുകൊണ്ട് അപ്പോൾ ഇവിടെ നുമാനിക്കുന്നു സോതുക്കാതി അനുഭവം അതാണ് സംസാരം ആ അനുഭവം സുഷൃത്തിയിലില്ല അതുകൊണ്ട് അതിൻ്റെ ഹേതുക്കളുമില്ല അവിടെ ഹേതുക്കളുണ്ടെങ്കിൽ അതുണ്ടായി ഇല്ലാത്തതുകൊണ്ട് അതില്ല എന്നാണ് അനുഭവത്തിലും ഇപ്പോൾ കാര്യം ഇല്ലാത്തതുകൊണ്ട് കാരണമില്ലെന്ന് ഓഹിക്കുകയാണ് ഇവിടെ അത്തരത്തിലുള്ള വിദ്യാകാമ കർമ്മങ്ങൾ അവിടെ ഇല്ല എന്ന് പറയും അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് വിദ്യാകാമ ഇല്ലെങ്കിൽ നീ തന്നെ ഈ ജാഗ്ര മ കർമ്മങ്ങൾ പരമാർത്ഥത്തിലോ ഇല്ലെങ്കിലും ഇവിടെ ഉണ്ടാകും കാരണവും കാര്യവും ഉണ്ടാകും ഇവിടെ അനുഭവം ഉണ്ട് അവിടെ അങ്ങനെ എന്തുകൊണ്ട് അനന്യാഗതം പുണ്യേന അനന്യാഗതം പാപേന അതിന് ശ്രദ്ധിയാ പറയുന്നു അനന്യാഗതം പുണ്യേന അനന്യാഗതം അന്വാഗതമല്ല യുക്തമല്ല അവിദ്യാകാമകർമ്മങ്ങൾ എന്ന് പറയുന്നത് അതിൽപ്പെടുന്നതാണ് ഈ പുണ്യവും പാപവും അവിടെ പുണ്യമില്ല അനന്വാഗതം പാവീന പാപമല്ല പുണ്യപാപങ്ങളെന്ന് പറയുന്നത് എന്താണ് സംസ്കാരമാണ് അവിടെ പുണ്യപാപ സംസ്കാരമില്ല അതുകൊണ്ട് പുണ്യ പാപ ഫലമായ അനുഭവമില്ല അനന്വാഗതം പുണ്യേനോ അനന്വാഗതം പാപേനോ തീർണോഹി തഥാ സർവാൻ ശോകാൻ അതുകൊണ്ട് കാരണമില്ല കാര്യമില്ല അതിക്രമിച്ചിരിക്കുന്നു തഥാ സർവാൻ ശോകാൻ ഹൃദയസി ഭഗവതി അമനൻ അവന്റെ ഹൃദയം ശോക നിരന്മുക്തമായിരിക്കുന്നു അവിടെ പുണ്യപാപങ്ങൾ അതിന്റെ കാര്യമില്ല അതാണ് അവിന്യാമകർമ്മരഹിതം സംസാര ഹേതുക്കളില്ലാന്ന് പറഞ്ഞു അവിടെ സംസ്കാരം നമ്മൾ സാധാരണ പറയും ജാഗ്രത്തും സ്വപ്നവും ഇല്ലാതിരിക്കുന്ന സുഷൃത്തിൽ ജാഗ്രത്തിന്റെയും സ്വപ്നത്തിന്റെയും എല്ലാ സംസ്കാരമുണ്ട് സംസ്കാരം കൊണ്ട് ആണിത് ഉണ്ടാകുന്നത് ഈ പറയുന്ന ഒരു യുക്തിയാണ് അന്യഥാനുഭവത്തിൽ ഒരു കാരണമില്ലാതെ ഒരു കാര്യം ഉണ്ടാകാൻ സാധ്യമല്ല നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു യുക്തിയാണ് ഇവിടെ സുഖ ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരു കാരണം വേണം അതിന്റെ കാരണം എന്താണ് അതിനുള്ള സംസ്കാരം അതിനാണ് പുണ്യപാപങ്ങളെന്ന് പേരിട്ടിരിക്കുന്നത് സുഖം അനുകൂലമാണ് അനുകൂലമായതിന് ഹേതു അനുകൂലമാണ് അതിന് പുണ്യം ഒന്ന് വിളിക്കുന്നു ദുഃഖം പ്രതികൂലമാണ് അതിന് ഹേതുവായിരിക്കുന്നത് പ്രതികൂലമാണ് അതിന് പാപം ഒരു സംസ്കാരം എന്ന് മാത്രമേ പറയാൻ പറ്റൂ ഒരു ഹേതു അത് ജാഗ്രത സ്വപ്നങ്ങളിൽ നിലനിൽക്കുന്നു അതുകൊണ്ടിതാ അനുഭവിക്കുന്നു സുഷ്തിയിലോ സുഷ് സ്വാദുക്ക അനുഭവമില്ല പക്ഷെ ഒരു ജാഗ്രതും ഹേതുവും ഫലവുമായിട്ടിരുന്നു അതായത് കാരണവും കാര്യവുമായിരുന്നു ഒരു ജാഗ്രത ആ ജാഗ്രത ഇല്ലാതെയായി സുഷുതിയിലേക്ക് വന്നു വീണ്ടും അടുത്ത് ജാഗ്രതത്തിലേക്ക് വരുമ്പോ പൂർവ്വ ജാഗ്രതയും ഈ ജാഗ്രതയും ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഇടയ്ക്ക് വേണം കാരണം പൂർവ്വ ജാഗ്രത സ്മൃതി ഈ ജാഗ്രതയ്ക്ക് വരുന്നു ബന്ധിപ്പിക്കുന്നതിനിടയ്ക്ക് വേണം സംസ്കാരം അതാണ് യുക്തി കാരണം കാര്യകാരണഭാവം എന്ന് പറയുന്നത് യുക്തി അധിഷ്ഠിതമാണ് യുക്തി നക്കുന്നതാണ് ഇവിടെ ആ രീതിയിലല്ല പറയുന്നത് ഇവിടുത്തെ പ്രക്രിയ വേറെയാണ് അതും ഇതും തമ്മിൽ കൂട്ടമുട്ടേണ്ട കാര്യമില്ല കാര്യകാരണഭാവത്തെ യുക്തികൊണ്ട് അംഗീകരിക്കുന്നത് പോലെ തന്നെ കാര്യകാരണഭാവത്തെ നിരാകരിക്കുകയും ചെയ്യും മണ്ഡൂക്യത്തില് ചർച്ച ചെയ്തു ഇതിനൊരു കാര്യകാരണഭാവം പറയാൻ സാധ്യമല്ല കാരണം കാര്യകാരണത്വം ഇവിടെയാണ് കാണുന്നത് വ്യാവഹാരികമായി പ്രതീതമാകുന്ന ഇതാണ് വ്യാവഹാരികമായ ഒരു സത്യം അതിനീകരിക്കുമ്പോൾ അതിൽ കാര്യകാരണഭാവത്തെ നമ്മൾ ഉറപ്പിക്കുന്നു വൃക്ഷത്തിൽ നിന്ന് വിത്ത് വിത്തിൽ നിന്നും അതിലൊരു കാര്യകാരണത്തെ നിശ്ചയിക്കുന്ന എന്തുകൊണ്ടാണ് അതിന് സത്തയുടെ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഉണ്മയുടെ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഉണ്മയെ സത്തയെ അതിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന എന്താണ് അസ്തിത്വശൂന്യമായ ഒന്നാണ് അതിന് കാര്യകാരണ നിയമത്തിന് നിലനിൽപ്പില്ല അതവിടെ ചർച്ച ചെയ്താണ് മാണ്ഡോക്യത്തിൽ അപ്പൊ സത്തയുടെ അനുഭവം ഉള്ളിടത്താണ് കാര്യകാരണം നിയമം വരുന്നത് സത്തയുടെ അനുഭവം ഇല്ലെങ്കിൽ പിന്നെ അതിന് കാര്യകാരണം നിയമമില്ല രജിസർക്കു പ്രീതി അവിടെ സർപ്പം ചലിക്കുന്നതായി കാണുന്നു അല്ലെങ്കിൽ സർപ്പം ആക്രമിക്കാൻ വരുന്നതായി കാണുന്നു പ്രതീതിയാണ് സർപ്പത്തിന്റെ ചലനം കാര്യവും സർപ്പം കാരണമാണെന്ന് പറയാൻ പറ്റും ഇല്ല ഇവിടെ കാര്യകാരണത്തും പറയാൻ വയ്യ എന്തുകൊണ്ട് രണ്ടും അവാസ്തവമാണ് അവിടെ രജ്ജു മാത്രമേ ഉള്ളൂ ഇവിടെ സത്വം അത് രജ്ജുവാണ് രജുവിൽ ചെന്നെ സംഭവിക്കാം അവിടെ കാര്യകാരണം സർപ്പത്തിൽ അവാസ്മമായ ഒന്നിനങ്ങനെ കാര്യകാരണഭാവം വരും വരത്തില്ല ജാഗ്രത്തിനും സ്വപ്നത്തിനും സത്തയുടെ അനുഭവം ഉണ്ട് അതുകൊണ്ട് ആ പ്രതീതികളിൽ കാര്യകാരണഭാവം നമുക്ക് ആരോപിക്കാം സുഹൃത്തിയിൽ എന്താണ് സത്തയുടെ പ്രതീതി ഇല്ല അതുകൊണ്ട് തന്നെ ജാഗ്രതത്തിനെയും സ്വപ്നത്തിനെയും കാര്യകാരണ നിയമം അവിടെ ഇല്ല അതുകൊണ്ട് സുഷൃത്തി എന്തിന്റെ കാര്യമെന്നോ അതെന്തിണ്ടെങ്കിലും കാരണമെന്നോ പറയാൻ പോയി എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു ഇത് ജാഗ്രത സ്വഭാവം ദേവശേഷ സ്വഭാവവും എന്നേ പറയാൻ പറ്റും ജാഗ്രത ഒരു പ്രത്യേകതയാണ് ആ കാര്യകാരണ നിയമങ്ങളെ ജാഗ്രതയിലൊതുക്കണം അതൊന്നും സുഷൃക്തിയിൽ കൊണ്ടുപോകാൻ പാടില്ല എന്തുകൊണ്ടവിടെ അനുഭവമില്ല അതാണ് സുഷൃതിയുടെ പ്രത്യേകത തീർണ ഇതിൽ നിന്നെല്ലാം എല്ലാ അനുഭവത്തിൽ നിന്നും സാംസ്കമായ അനുഭവത്തിൽ നിന്നും അത് ഉത്തീർണമായിരിക്കുന്നു അനുഭവാതീതമായിരിക്കുന്നു സുഷുതി അതിച്ഛന്ത എന്നെ കുറിച്ച് പറയുന്നു അത് അതിച്ഛന്താൽ അവിടെ ഒന്നിനെയും കൽപ്പിക്കാൻ സാധ്യമല്ല കർമ്മങ്ങളില്ല കർമ്മഹേതുക്കളില്ല സംസ്കാരമില്ല നേരത്തെ പറഞ്ഞത് ിൽ ഏകീഭവനം സംഭവിക്കുന്നു സുഹൃത്തിയിൽ ഏകീഭവനം സംഭവിക്കുന്നു പക്ഷെ സതിസമ്പദ് നവിതു സതിസമ്പദ് മഹിയെ ആ സത്വനോട് ഏകീഭവിക്കുന്നു പക്ഷെ അറിയുന്നില്ല സുഷുപ്തിയുള്ള അനുഭവം അങ്ങനെ ഒന്നുമില്ല സുഷുതി അനുഭവിക്കുക അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്തുകൊണ്ട് ഞാൻ വിതു അറിയുന്നില്ല സതിസമ്പദ് അമഹേ ഞാനതാ ഏകീഭവിച്ചിരിക്കുന്നു എന്നൊന്നും അറിയത്തില്ല ഏകീഭവനത്തെ കുറിച്ചൊക്കെ അറിയുന്നത് ജാഗ്രതയിലാണ് സുഷുതിയിൽ അങ്ങനെ ഒരു ഏകീഭവനം സംഭവിച്ചു എന്നൊക്കെ ജാഗ്രത്തിൽ അറിയുകയാണ് സുഷുതിയിൽ എന്തുകൊണ്ട് ഏകീഭവനത്തെ സുഷ്ടത്തിയിൽ അറിയുന്നില്ല അത് അതിഛച്ഛന്ത ആയിരിക്കുന്നു അതിഛച്ഛന്തമായിരിക്കുന്നു എല്ലാ അനുഭവങ്ങൾക്കും അത് അതീതമായിരിക്കുന്നു എല്ലാ നിയമങ്ങൾക്കും അതീതമായിരിക്കുന്നു അല്ല ഞാൻ സുഷൃത്തിയിൽ ഏകീഭവനത്തെ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ സുഷൃത്തിയിൽ ഞാൻ ഏകീഭവനത്തെ അനുഭവിച്ചു അത് പറയാൻ എന്തുകൊണ്ട് അങ്ങനെ അനുഭവിച്ചെങ്കിൽ ഓരോരുത്തരും ഉണർന്നതിന് ശേഷം പറയുന്നു ഇപ്പോൾ ഞാൻ ഈ പുസ്തകത്തെ അനുഭവിക്കുന്നു കുറച്ച് കഴിഞ്ഞ് എനിക്ക് പറയാൻ പറ്റും ഞാനിതാ പുസ്തകത്തെ അനുഭവിച്ചു അനുഭവത്തെനിക്ക് നിഷേധിക്കാം അനുഭവം വന്നോ നിഷേധിക്കാം തന്നെ സ്മരിക്കാനേ പറ്റും ഞാനിതാ പുസ്തകത്തെ അനുഭവിച്ചു ഇവിടെ അനുഭവിക്കുന്നവനുണ്ട് അനുഭവിക്കുന്ന വിഷയമുണ്ട് അനുഭവമുണ്ട് മൂന്നുമുണ്ട് അതുകൊണ്ട് അതേ രൂപത്തിൽ സ്മരിക്ക അനുഭവിച്ചെന്നെ അനുഭവിച്ച വിഷയത്തെ അനുഭവത്തിൽ സുഷൃപ്തി നിന്ന് വന്നതിന് ശേഷം ആരും പറയാറില്ല ഞാൻ അവിടെ ഏകീഭൂതനായിരുന്നു അതാർക്കും പറയാമല്ലോ സുഷുതിയെ കുറിച്ച് മനനം ചെയ്തതിനു ശേഷം പറയുകയാണ് അവിടെ ഏകീഭവനത്തെ ഏകീഭൂതനായിരുന്നു എന്നുള്ളത് അല്ലാതെ സർവരും അത് പറയുന്നില്ല എന്താണ് ഞാനവിടെ ഏകീഭവിച്ചു അവിടെ സത്തിനോട് ഏകനായിരുന്നു എന്നും ആർക്കും പറയാൻ കഴിയില്ല എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തത് അവിടെ അങ്ങനെ ഒരു അനുഭവമില്ല സത്തിനോട് ഏകീഭവിക്കുക എന്ന് പറയുന്നത് ഒരു അനുഭവമല്ല അനുഭവമാണെങ്കിൽ എന്തുവേണം അവിടെ അനുഭവിക്കുന്നവനും അനുഭവവും രണ്ടും നിൽക്കണം അനുഭവം വരികയാണെങ്കിൽ അതിനെ തയ്ക്കും ഏതെങ്കിലും തരത്തിലുള്ള അനുഭവം വന്നു കഴിഞ്ഞാൽ അത് ജാഗ്രതാവും മാത്രവുമല്ല അനുഭവം വരുന്നതിന് ജീവൻ അവിടെ ഉണ്ടായിരിക്കും അനുഭവം ജീവനും ഉണ്ടാകത്ത ജീവഭാവം വേണം ഇവിടെ എന്താ പറയുന്നത് ആ ജീവഭാവം ഇല്ലാതായിരുന്നു ജീവഭാവം തന്നെ നഷ്ടപ്പെട്ട പിന്നെ ആർക്കനുഭവം എന്തിനാ അനുഭവിക്കാൻ ഇനി ഒരാൾ പറയണത് ഞാൻ സുഷുത്തിയിൽ അനുഭവിച്ചു ഞാൻ ആനന്ദത്തെ അനുഭവിച്ചു അല്ലെങ്കിൽ ഞാൻ ശാന്തി അനുഭവിച്ചു സുഖത്തെ അനുഭവിച്ചു എന്നൊക്കെ പറയുകയാണെങ്കിൽ വന്ന് അയാൾ സുഷൃത്തിയിലെത്തിയില്ല സ്വപ്നത്തെക്കുറിച്ചായിരിക്കും പറയുന്നു സുഷൃത്തിയിലെത്തിയാൽ അവിടെ അനുഭവം അവസാനിക്കുന്നു ഏകീകരിക്കുന്നു എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഒരു തരത്തിലുള്ള അനുഭവം അവിടെ ഇല്ല ജീവനില്ല അനുഭവിക്കുന്നവനില്ല പിന്നെ ഇങ്ങനെ അനുഭവം ഉണ്ടാവും അത് അനുഭവം എന്ന് പറയുന്ന ജാഗ്രത സ്വപ്നം സമാധി തുടങ്ങിയ സ്ഥലങ്ങൾക്ക് അപ്പുറമാണ് സംസ്കൃതി എന്ന് പറയുന്നു അതിനെ ഒന്നിനോട് ഉപമിക്കാൻ സാധ്യമല്ല അത് അനുഭവം പറയുന്നു എന്താണ് ഏകീഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അനുഭവിക്കുന്നവൻ അവിടെ ഇല്ല എന്ന ജാഗ്രത്തിൽ അനുഭവിക്കുന്നവനുണ്ട് അത് പ്രപഞ്ചത്തെ അനുഭവിച്ചാലും ശരി ബ്രഹ്മത്തെ അനുഭവിച്ചു എന്ന് പറഞ്ഞാലും ശരി അനുഭവിക്കുന്നവനുണ്ട് അവിടെ നമുക്ക് ഇവിടെ അനുഭവത്തെ പറയാം ഇവിടെ ബ്രഹ്മാനുഭവത്തെ കുറിച്ചോ അല്ലെങ്കിൽ പ്രപഞ്ചാനുഭവത്തെ കുറിച്ചോ പ്രപഞ്ചവേദിയെന്നൊക്കെ പറയാം ജാഗ്രത സംഭവിക്കും ഇവിടെ അനുഭവിക്കുന്നവനുണ്ട് ജീവനുണ്ട് സഹൃദിയിൽ എന്താണ് സംതി അവനിലേക്ക് തന്നെ ജീവനില്ല അനുഭവമില്ല അവിടെ അതുകൊണ്ട് തന്നെ അവിടുത്തെ അനുഭവത്തെ നമുക്ക് ജാഗ്രത സ്മരിക്കാനും പറ്റുന്നുണ്ട് സുഹൃത്തിയിലെ അനുഭവത്തെ ജാഗ്രത സ്മരിക്കാൻ നോക്കത്തില്ല അനുഭവം ഇല്ലാതെ എങ്ങനെ സ്മരിക്കും പിന്നെ സുഹൃത്തിയെക്കുറിച്ച് നമ്മൾ എന്താ സ്മരിക്കുന്നത് അനുഭവം ഇല്ലെന്നാണ് സ്മരിക്കുന്നത് അങ്ങനെ ഒന്നും അറിഞ്ഞില്ല അതാ നമ്മൾ സ്മരിക്കുന്നത് എന്തെങ്കിലും അനുഭവിച്ചു എന്നല്ല സ്മരിക്കുന്നു ഒന്നും അറിഞ്ഞില്ല അനുഭവമില്ലായ്മ സ്മരിക്കുന്നു അനുഭവമില്ലായ്മ അങ്ങനെയൊന്നുണ്ട് അവിടെ അനുഭവിച്ചെങ്കിൽ ആ അനുഭവിച്ചവൻ ഇപ്പോൾ കൊണ്ടത് സ്മരിക്കണം ഞാനിന്നത് അനുഭവിച്ചു എന്ന് സ്മരിക്കണം അനുഭവിക്കുന്നവനില്ല അതുകൊണ്ടൊന്നും സ്മരിക്കാൻ കഴിയുന്നില്ല പിന്നെ അവിടെ എന്താ ഉണ്ടായിരുന്നത് കേവലമായ അനുഭവം അനുഭവത്തിന് വിഷയമായ അനുഭവമല്ല അതെന്ന് വേർതിരിക്കാനാണ് പറയുന്നത് കേവലമായ അനുഭവം എന്ന് പറയുന്നത് അത് അനുഭവത്തിന് വിഷയമല്ല സ്വയം അനുഭവമാണ് അതാണ് സത്ത് കേവലമായ സത്ത് അതവിടെ ഉണ്ടായിരുന്നു സത്തിന്റെ ഇല്ലായ്മ ഒരിക്കലും സംഭവിക്കുന്നതല്ല സത്ത് എന്ന് പറയുന്നത് അനുഭവത്തിന് അതീതമായി സദാ നൽകുന്നതാണ് നമ്മുടെ സത്ത് അവിടെ അവശേഷിച്ചിരുന്നു ജാഗ്രസ്വപ്നങ്ങളുടെ ജീവൻ ജീവന്റെ അനുഭവങ്ങൾ ഇവിടെ പറയുന്ന പുണ്യപാപ ഹേതുക്കൾ അതിന്റെ ഫലമായ സുഖ ദുഖങ്ങൾ ഇതൊന്നുമില്ല ഇതൊന്നുമില്ലായിരുന്ന എന്ന് പറയുന്നതിനെ കുറിച്ച് അങ്ങനടുത്ത് പറയുന്ന യേശ പരമ ആനന്ദ അത് പരമമായ ആനന്ദമാണ് അത് ഇവിടെ പറയും ഒരാള് രോഗം വന്നു ക്ലേശങ്ങൾ അനുഭവിച്ചു ചികിത്സിച്ചു സ്വസ്ഥമായി സ്വസ്ഥമായ പറയുന്നു ഇപ്പോൾ പരമാനന്ദമാണ് എന്താ ഇപ്പോൾ പരമാനന്ദം എന്ന് പറയുന്നത് ആ രോഗങ്ങളുടെ കഷ്ടപ്പാടില്ലാതാണ് അതിനെ പരമാനന്ദമെന്ന് പറയുന്നത് സ്വസ്ഥതയിൽ രണ്ടാമതെന്ന് സംഭവിക്കുന്നതിന്റെ എന്തുകൊണ്ട് അസ്വാസ്ഥ്യം എന്ന് പറയുന്നത് അതിന്റെ സ്വഭാവമാണ് അതിൽ കൃത്രിമമായി വന്നതാണ് അസ്വാസ്ഥ്യം അത് മാറിക്കഴിഞ്ഞപ്പോ അതിന്റെ വാസ്തവസ്ഥിതിയിൽ വന്ന് ശരീരം അതിന്റെ വാസ്തവസ്ഥിതി വന്നു അപ്പോൾ പറയുന്ന സ്വസ്ഥമാണ് അതുപോലെ സുഷുതി എന്ന് പറയുന്നത് അതിന്റെ സ്വാഭാവിക സ്ഥിതി സ്വാഭാവികം എന്ന് അവിടെ ഒന്നും ആഗന്ധകമായിട്ടൊന്നുമില്ല ഒന്നും കൂട്ടിച്ചേർക്കുന്നൊന്നുമില്ല അതിന് നമുക്ക് സ്വാഭാവികം എന്ന് പറയാൻ പറ്റും അഗ്നിയുടെ സ്വഭാവമാണ് ഉഷ്ണം എന്ന് പറഞ്ഞാൽ അത് അഗ്നിയിൽ മറ്റേതെങ്കിലും ഒന്നും കൂട്ടിച്ചേർത്ത ഒന്നല്ല ആഗന്തുകമായല്ല പുറമേ നിന്ന് വരുന്ന ഒന്നല്ല അത് അഗ്നി തന്നെയാണ് അതിനെ മറ്റൊരു തരത്തിലും വിശേഷിപ്പിക്കാൻ ഒക്കത്തില്ല എന്തുകൊണ്ട് സ്വഭാവം എന്ന് പറയുന്ന അതാണ് വന്നുചേരുന്ന ഒന്നല്ല ്ഞാനം ആനന്ദം എന്നൊക്കെ പറയുന്നത് വസ്തു സ്വഭാവമാണ് ആ വസ്തു സ്വഭാവത്തിൽ മറ്റൊന്നും ഇവിടെ വന്നുചേരുന്നില്ല സുഴുത്തിയിൽ വസ്തു സ്വഭാവമാണ് അങ്ങനെ സത്തെന്നോ ജ്ഞാനമെന്നോ ആനന്ദമെന്നോ പറയാം അവിടെ രണ്ടാമതൊന്നും വരുന്നില്ല വന്നുചേരുന്ന ആനന്ദമല്ല സുഴുത്തിയിൽ ഞാൻ പ്രത്യേകിച്ച് ആനന്ദത്തെ അനുഭവിച്ചില്ല എന്തുകൊണ്ട് അവിടെ അനുഭവിക്കുന്നവനല്ല പക്ഷെ അത് ആനന്ദമാണതാണ് സുഹൃത്തിയിൽ സത്തിനെ അനുഭവിച്ചില്ല എന്തുകൊണ്ട് സുഹൃത്തി സത്താണ് സുഹൃത്തിയിൽ വിശേഷിച്ചെങ്കിലും ഒരു ജ്ഞാനത്തെ അനുഭവിച്ചില്ല എന്തുകൊണ്ടത് ജ്ഞാനമാണ് സുഹൃത്തിയിൽ പ്രത്യേകിച്ച് ഒരു ആനന്ദത്തെ അനുഭവിക്കാൻ കിട്ടിയില്ല എന്തുകൊണ്ട് അത് സ്വയം ആനന്ദമാണോ അത് സച്ചിദാനന്ദ യേശ പരമ ആനന്ദ അല്ലെന്താ ഇതും അന്തുള വ്യത്യാസം ഈ ജാഗ്രത്തിലെയും സ്വപ്നത്തിലെയും ഈ കോലാഹലങ്ങളെല്ലാം അവിടെ അവസാനിച്ചു അസുഖം മാറി സ്വസ്ഥമായി എന്ന് പറയുന്നത് സ്വസ്ഥത ശരീരത്തിന്റെ സ്വഭാവമായിട്ടെടുക്കുന്നു ഇരിക്കുന്നു അകന്തുവുമായി വരുന്ന രോഗം അത് പോകുമ്പോൾ വീണ്ടും നേരത്തെ തന്നെ ആ സ്വസ്ഥതയിൽ സ്ഥിതി ചെയ്യുന്ന അതുപോലെ സ്വപ്ന ജാഗ്രതകൾ എന്ന് രോഗങ്ങൾ വന്നുചേരുന്നു അത് പോകുന്നു വരുന്നത് പോലെ തന്നെ പോകുന്നു എങ്ങനെ വരുന്നു എങ്ങനെ പോകുന്നു എന്നും പറയാമല്ല പക്ഷെ അതൊക്കെ സംഭവിക്കും അത് മാറിക്കിട്ടുമ്പോൾ പിന്നെ കേവലം സന്മാത്രം സത്താ സത്തിനോട് ഏകീകരിക്കുന്നു രണ്ടില്ല സത്ത് മാത്രം നിൽക്കുന്നു ഈ ജാഗ്രസ്വപ്നവും സ്വപ്ന രണ്ടും അത് മാറിപ്പോകുന്നു സ്വസ്ഥമായിരിക്കുന്നു അവിടെ അനുഭവം അനുഭവിക്കുന്നവൻ അങ്ങനെ ഒന്നുമില്ല ശേഷിക്കുന്നു അതുകൊണ്ടാണ് അതിനെ അനുഭവാതീതം എന്ന് പറയുന്നത് ഇവിടെ ജീവൻ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അപീതാൻ തന്നെ തന്നെ ലയിക്കുന്നു ഏകീഭവിക്കുന്നു എന്നങ്ങനെ പറയാൻ കഴിയും ഏകീഭവിച്ചിട്ട് പിന്നെ ശേഷിക്കുന്നുണ്ട് ഒരാളവിടെ രണ്ടാമതൊരാളവിടെ ഇല്ല ആ ഏകീഭവനത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കാൻ ഒരാളവിടെ ശേഷിക്കുന്നില്ല ആ ഏകീഭവനത്തിൽ വന്ന ആനന്ദത്തെ അനുഭവിക്കാൻ ഒരാളില്ല അവിടെ എന്തുകൊണ്ടത് ആനന്ദ സ്വരൂപമാണ് അപ്പം അവിടെ ആനന്ദം എന്ന് പറയുന്നത് നമ്മളേതെങ്കിലും അനുഭവിക്കുന്ന ആനന്ദത്തെ പറയുന്നതല്ല സ്വരൂപാനന്ദത്തെ പറയുകയാണ് ആ സ്വരൂപാനന്ദയുന്നത് എന്താണ് ഈ ക്ലേശങ്ങളെല്ലാം ഒഴുകുന്നു അതാണ് അസ്വരൂപാനം മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളൊരു വലിയ ഭാരം തലയിലെടുത്ത് സഞ്ചരിക്കുന്നു ക്ഷീണിക്കുന്നു തളർന്നു ആ ഭാരത്തെ ഇറക്കി വയ്ക്കാനായിട്ട് ഒരു സ്ഥലം നോക്കിയപ്പോഴാണ് ഒരു ചുമട് താങ്ങി പഴയകാലത്തൊക്കെ ഉണ്ടായിരുന്നു ചുമട്ട് ഇറക്കി വെക്കുന്ന സ്ഥലം റോഡ് വക്കിലൊക്കെ ഉണ്ടായിരുന്നു അതിലേക്ക് തന്റെ ഭാരത്തെ ഇറക്കി ഭാരത്തി ഇറക്കിയപ്പോ അയാൾ സ്വസ്ഥനായി ആ ഭാരം തലയിലെടുക്കുന്നതിന് മുമ്പ് അയാൾ സഹജമായിരുന്ന സ്വസ്ഥത അത് തിരിച്ചു കിട്ടി അപ്പോൾ അയാൾ അനുഭവിക്കുന്ന സ്വസ്ഥത എന്ന് പറയുന്നത് പാൽപ്പായസം കുടിച്ചിട്ടല്ല സുഖം അനുഭവിക്കുന്നത് മറിച്ച് തന്റെ തലയ്ക്കിരുന്ന ഭാരമിറങ്ങിക്കഴിഞ്ഞപ്പോ സ്വതേ ഭാരമില്ലായ്മയിൽ ഉള്ള ആ സമാധാനം അതാണ് അയാൾ അനുഭവിക്കുന്നത് ആ ഭാരത്തിൽ നിന്നുള്ള അസ്വസ്ഥത മാറ്റുന്നതിന് വേണ്ടി അയാൾക്കത് ഇറക്കിയാൽ മാത്രം മതി അസ്വസ്ഥത മാറി അപ്പൊ സ്വസ്ഥത എന്ന് പറയുന്നതാണ് അയാളുടെ സ്വരൂപം തന്നെയായിരുന്നു കൃത്രിമമായി മറ്റൊന്നും ഇല്ലാതിരുന്നില്ല അസ്വസ്ഥതയാണ് അയാൾ അനുഭവിക്കുന്നു അതുപോലെ ഉള്ള സ്വസ്ഥത ആനന്ദം അതവിടെ നിലനിൽക്കുന്നു ഇതൊന്നുമില്ല അത് ആ സ്വരൂപമാണോ ജാഗ്രസ്വപ്നങ്ങളിലെ അസ്വസ്ഥതകൾ അവിടെ ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് ഒന്നും അറിഞ്ഞില്ല പിന്നെ പറയുന്നു സുഖമായിരുന്നു അങ്ങനെയല്ലേ അതിനെക്കുറിച്ച് പറയാൻ പറ്റും ദുഃഖമായിരുന്നു എന്ന് പറയാൻ പറ്റും പറയാൻ പറ്റില്ലല്ലോ ഭാരം താഴെ ഇറക്കി വെച്ചു കഴിഞ്ഞിട്ട് ആ ഭാരം ഇറങ്ങിയതിന്റെ സുഖത്തെ അനുഭവിക്കുന്നതിന് ദുഃഖം എന്ന് പറയാൻ പറ്റും പറ്റത്തില്ലല്ലോ അതിനുണ്ട് ജാഗ്രത സംഭവിക്കുന്നു ഭാരം തെളിയിക്കേറുന്നതും ഭാരം ഇറങ്ങുന്നതും എന്നാ ജാഗ്രത ഇതൊന്നും സുഷുത്തിയിൽ മറ്റൊന്ന് ജാഗ്രത ജാഗ്രതയിൽ പറയുന്ന അവിടെ വളരെ ആനന്ദമായിരുന്നു സുഖമായിരുന്നു എപ്പോഴും നമ്മളങ്ങനെ പറയാറില്ല ഉറക്കെ ശരിയല്ലെങ്കിൽ പറയും ദുഃഖം ഉറക്കം ദുഃഖമായിരുന്നു ശരിയായ ഉറക്കം കിട്ടിയില്ല ഉറന്നുകഴിഞ്ഞിട്ട് ഉന്മേഷമില്ല ശരീരമൊക്കെ വേദനിക്കുന്നു ഇങ്ങനെ പലതരത്തിലും പറയാം സുഖമാണ് എന്ന് ഉറങ്ങിയതിന് ശേഷം എപ്പോഴും പറയണമെന്ന് നിയമമൊന്നും ഇല്ല പക്ഷെ എപ്പോഴാണോ ആ ഏകീഭവനം സംഭവിക്കുന്നത് അതാണ് ശരിക്കുള്ള സുഷക്തി മറ്റുള്ളതൊന്നും സുഷൃത്തിയില്ല സുഷൃത്തിയിലേക്ക് സഞ്ചരിക്കുന്ന ജീവൻ എത്താൻ കഴിയുന്നുണ്ട് തിരിച്ചു മടങ്ങും അപ്പോൾ ആ സഞ്ചാരത്തിൽ ക്ലേശവും സുഖമൊക്കെ ഉണ്ടായേക്കാം വീണ്ടും ജാഗ്രതയിൽ പറയാം പക്ഷേ ശരിയായ എന്താണ് അനുഭവിക്കുന്നവനില്ല ക്ലേശങ്ങളില്ല സുഖമോ ദുഃഖമോ ഇല്ല പരമാനന്ദ സ്വരൂപം സദാനന്ദ സ്വരൂപം സച്ചുസ്വരൂപം സത്സ്വരൂപം അങ്ങനെ പറയും ഇവിടെ അനുഭവിക്കുന്നവനും അനുഭവമൊന്നുമില്ല ഇതാണ് പരമാർത്ഥന എന്നാണ് ഇവിടെ പറയുന്നത് അതിഛഛന്ത അവിടെ ഈ ജാഗ്രത്തിൽ ഒന്നിനോട് അനുഭവിക്കാൻ പറ്റും അതുകൊണ്ട് ഉണ്ടെന്നതിന് ശേഷം എന്തെങ്കിലും അറിവിനെ കുറിച്ചല്ലേ നമുക്ക് അറിവില്ല എന്ന അറിയുന്നവനോട് ഉണ്ടായിരുന്നില്ല ഒന്നും അറിഞ്ഞില്ല അറിയാൻ അറിയുന്നവൻ വേണ്ടേ ഇല്ല അതില്ലാത്ത കൊണ്ട് എന്തായിരുന്നു അവിടെ താൻ മാത്രം ശേഷിച്ചു സ്വച്ഛമായിരുന്നു ശാന്തമായിരുന്നു ആനന്ദമായിരുന്നു എന്ന് പറയുന്നു അല്ല നമ്മൾ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ആനന്ദത്തെ സ്മരിക്കുന്നത് പോലെ സ്മരിക്കുന്നു ഇല്ല പൽപായസം കുടിച്ചാൽ സന്തോഷം കുറച്ച് കഴിഞ്ഞാൽ സ്മരിക്കും അത്ര സന്തോഷമായിരുന്നു സിനിമ കാണുന്ന സന്തോഷം കുറച്ച് ഓർക്കാം അപ്പോ ദർശന സ്പർശന ശ്രവണങ്ങളിലൂടെ ഉണ്ടാകുന്ന ആനന്ദത്തെ കുറച്ച് നമുക്ക് സ്മരിക്കാം ആ ഇന്ന ഇത്രമാത്രം ആനന്ദത്തെ ഞാൻ അനുഭവിച്ചു അതുപോലെ ഇന്ന ഹേതുകൊണ്ട് ഇത്രമാത്രം ആനന്ദത്തെ ഞാൻ അനുഭവിച്ചു നമുക്ക് സ്മരിക്കാൻ കഴിയും അങ്ങനെ ഒരു സ്മരണയില്ല പിന്നെന്താണ് അവിടെ ആ ജീവഭാവം നശിച്ച് ശേഷിച്ചെന്തോ അതിനെ ജാഗ്രത്തിൽ പറയുന്നു അത് ആനന്ദമാണ് അത് ജാഗ്രതനെ കുറിച്ച് പറയാം അത് സ്വത്താണ് ചിത്താണ് ആനന്ദമാണ് എന്ന് ജാഗ്രതയും പറയാം അതുപോലെയുള്ളൂ വിശേഷിച്ചു അതുകൊണ്ട് സുഷൃത്തിയിൽ അനുഭവമില്ല അനുഭവ അതീതമാണ് സുഷൃപ്തി അതാണ് പറയുന്നത് യത്തോ വാച്ചോ എന്ന് വളർത്തുന്നതേ അപ്രാപ്യ മനസ്സാസഹ മനസ്സവിടെ എത്തുന്നില്ല വാക്കെത്തുന്നില്ല എന്നെല്ലാം പറയുന്നതാണ് അത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ് നിർനിമിത്തമായി സംഭവിക്കുന്ന കാര്യമാണ് സുഷുപ്തി എന്ന് പറയുന്നു കൃത്രിമമായി എന്തെങ്കിലും സംഭവിച്ചു ഇറങ്ങുന്നതും സുഷുപ്തിയല്ല അതിലൂടെ പറയുന്നു കാരണം അതിന് നിമിത്തങ്ങളുണ്ട് നമ്മളെ ബോധം കടത്തുന്നു അത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ തടയുകയോ മന്തി ഭവിപ്പിക്കുകയോ ഒക്കെ ചെയ്യുകയാണ് അവിടെ മൂർച്ച എന്ന് പറയുന്നത് സുഷ്ടക്ക് സമം പക്ഷെ സുഷുപ്തി എന്തുകൊണ്ടവിടെ ആ ജീവൻ സ്വയം ി ഭവനവിടെ സംഭവിക്കുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ മയക്കിയാൽ ചിലപ്പോൾ മയങ്ങുന്നവർക്കുള്ളിൽ ഓർമ്മ കാണും മയങ്ങുന്നവർക്ക് പുറമേ ഉള്ള കാര്യങ്ങൾ അറിയും പലതരത്തിലാണ് മയക്കും നേട്ടക്കുറച്ചിലുണ്ട് അതൊന്നിവിടെ പറയുന്ന സഹജമായ സുഷുതിയല്ല നിമിത്തങ്ങളുണ്ട് നല്ല നിമിത്തമാണ് അത് യേശരമാനന്ദ അതുകൊണ്ട് സുഷ്ട്തി ഞാൻ ഏകീകനത്തെ അനുഭവിച്ചു അല്ലെങ്കിൽ ആനന്ദത്തെ അനുഭവിച്ചു എന്നൊക്കെ അബദ്ധത്തിൽ പറയുന്നതാണ് സുഷുപ്ത സ്വം ദേവതാരൂപം ജീവിത വിനർമുക്തം ദർശയിഷ്യാമി അതിനോട് പറയുന്നത് സുഷുപ്തിയിൽ സ്വം ദേവതാരൂപം ദേവതാന്ന് തന്നെ ഇവിടെ ദേവതാ പറഞ്ഞു വരുന്നത് ആ സത്സ്വരൂപം എങ്ങനെ ജീവത്വ വിനർമുക്ത അവിടെ ജീവത്വം ഇല്ല ജീവനേ ഇല്ല ജീവഭാവം ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞ അനുഭവം ഇല്ല അതുകൊണ്ടാണ് ബ്രഹ്മാനുഭവം അല്ലെങ്കിൽ ആത്മജ്ഞാനം എന്നത് ജാഗ്രതത്തിലെ സംഭവിക്കുന്നു സുഹൃത്തേ സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് എന്തുകൊണ്ട് ജാഗ്രത സംഭവിക്കുന്നു പറയുന്നു കാരണം ജാഗ്രത്തിൽ ആ ജാഗ്രത ജീവഭാവത്തിൽ ഇരുന്നുകൊണ്ട് ഏത് ജ്ഞാനത്തെയും നേടാം ലൗകികജ്ഞാനോ അലൗകികജ്ഞാനോ യൗകികജ്ഞാനമോ എന്ത് ജ്ഞാനത്തെ വേണോ നേടാം ബ്രഹ്മജ്ഞാനവും നേടാം അങ്ങനെയുള്ളവരാണ് ബ്രഹ്മജ്ഞാനികളെന്ന് പറയുന്നത് അതുകൊണ്ടാണ് എല്ലാവരെയും ബ്രഹ്മജ്ഞാനി എന്ന് പറയാൻ കഴിയുക അത്ര എന്തുകൊണ്ട് എല്ലാവരും ബ്രഹ്മം തന്നെ ഒരാളത്ത് തന്നെ എല്ലാവരും ആ ബ്രഹ്മത്തോട് ഏകീഭവിക്കുന്നുണ്ട് ജാഗ്രത സ്വപ്നങ്ങൾ എന്നിട്ടും ആരെയും നമുക്ക് ബ്രഹ്മജ്ഞാനി എന്ന് പറയാൻ പാടില്ല എന്തുകൊണ്ട് അവർക്ക് ജാഗ്രത്തിൽ ബ്രഹ്മജ്ഞാനം ഇല്ല ജാഗ്രത്തിൽ ആണത് സംഭവിക്കേണ്ടത് ജാഗ്രത്തിൽ ജീവിതത്വം ഉണ്ട് അപ്പൊ അനുഭവം ഉണ്ട് അപ്പൊ ബ്രഹ്മത്തിന്റെ അനുഭവം ഉണ്ടാകാം അത് ഏത് തരത്തിലായിരിക്കും അത് പൂർണമാണോ അപൂർണമാണോ അതൊക്കെ രണ്ടാമത് പോലെ നിക്ഷേപം പക്ഷെ ഏത് ജ്ഞാനത്തെയും അവിടെ ഒരാൾക്ക് അനുഭവപ്പെടാം അവകാശപ്പെടാം ജ്ഞാനമുണ്ട് സുഴുത്തിനത് സാധ്യമല്ല എന്തുകൊണ്ടത് പരമാർത്ഥമാണ് അവിടെ മനസ്സും വാക്കും ഒന്നും എത്തത്തില്ല അനുഭവിക്കത്തുമില്ല അനുഭവിക്കാനാണില്ല സുഴുത്തി അനുഭവമല്ല മറിച്ച് അത് അനുഭവ സ്വരൂപമാണ് ഒരെണ്ണമുള്ള വ്യത്യാസം മനസ്സിലാക്കും അത് അനുഭവ വിഷയമാണെന്ന് പറയുമ്പോൾ അവിടെ ത്രിപുടി വരും അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്നതിനും അനുഭവ വിഷയവും വരും അവിടെ അതല്ല കേവലമായ അനുഭവം എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ കേവലമായ സത്വെന്ന് പറയാം അല്ലെങ്കിൽ കേവലമായ ആനന്ദം എന്ന് പറയാം അവിടെ അനുഭവിക്കാനാണില്ല അപ്പൊ സുഹൃഷ്തിയിലെ പോലെ ജാഗ്രതയിൽ അനുഭവിക്കുന്നതാണ് ബ്രഹ്മജ്ഞാനം എന്നൊന്നും പറയുന്നത് അതൊന്നും ശരിയാകത്തില്ല എന്തുകൊണ്ട് സുഹൃത്തിയിൽ അനുഭവം ഇല്ല പോലെ എങ്ങനെ അനുഭവിക്കുകയാണ് അതല്ല സുഹൃത്തിൽ കേവലം ജ്ഞാനത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയരുത് എന്തുകൊണ്ട് സുഹൃത്തിയിൽ അനുഭവിക്കുന്നവനില്ലാത്ത പിന്നെ ഏത് ജ്ഞാനത്തെ ആരനുഭവിക്കാൻ അത്തരം കല്പനകളെല്ലാം അസംബന്ധമാണ് എന്തുകൊണ്ട് ജീവത്വനർമുക്കം ഇവിടെ പറയുന്നു അവിടെ ജീവിതത്വം ഇല്ല ഈ അനുഭവിക്കുന്നവന് അതില്ല ജാഗ്രതക്കെ സംഭവിച്ചു ജാഗ്രതത്തിൽ ഒരാൾക്ക് അഹം ബ്രഹ്മ എന്നൊക്കെയുള്ള ഞാനും ജാഗ്രത എന്തുകൊണ്ടവിടെ ജീവനുണ്ട് ആ അനുഭവം ഉണ്ടാകുന്ന ജീവനാണ് സത്യനല്ല ജീവനുണ്ടാകും അതുകൊണ്ട് പറയുന്നു എന്താണ് ആ ജീവത്വം വിനർമുക്തമായ എന്നിട്ടാണ് നമ്മളിത് ആരോപിക്കാ പറയുന്നു ആ സുഹൃത്തി ഞാൻ വലിയ ആനന്ദത്തെ അനുഭവിച്ചു എന്നു ഒന്നും അറിഞ്ഞില്ല എന്ന് പറയും പിന്നെ ആനന്ദത്തെ അനുഭവിച്ചു ഇത് തന്നെ പരസ്പര വിരുദ്ധമായ കാര്യം ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആനന്ദത്തെ അനുഭവിക്കും അപ്പൊ രണ്ടും പരസ്പര വിരുദ്ധമല്ലേ ഒരാൾ പറയുന്നു ഞാൻ ഒന്നിനെയും കണ്ടില്ല പക്ഷെ ആനേയും കണ്ടു എന്ന് പറഞ്ഞാൽ ആ പറയുന്നില്ല എന്താ യുക്തി എന്തെങ്കിലും യുക്തി ഉണ്ടോ വിരുദ്ധമായ കാര്യമല്ലേ അപ്പോൾ അതിന്റെ താല്പര്യം എന്താണ് അഭയദിഷം ഒന്നും പറഞ്ഞില്ല വിവാഹം സുഖം അസ്വാസ്ഥം പക്ഷെ വളരെ സുഖമായിട്ട് ഉറങ്ങിയതിന്റെ താല്പര്യം അത് പരസ്പര വിരുദ്ധമായ കാര്യമല്ല അവിടെ ആ ജീവത്വത്തിന്റെ നാശത്തെയാണ് പറയുന്നത് ജാഗ്രസ്വപ്നങ്ങളുടെ അഭാവത്തെയാണ് പറയുന്നത് അതുകൊണ്ടാണ് പക്ഷിഗാനം പറയുന്നത് അവിടെയല്ലാതെ ജീവന്റെ ഏകീഭവനത്തെ അംഗീകരിക്കുന്നുണ്ട് ഒരിടത്തും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ജാഗ്രത്തിൽ ഒരാൾ പറയുകയാണ് ജാഗ്രത്തിൽ എനിക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടായി അപ്പോ അജീവ പരമാത്മ ഏകീഭവനം സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഗ്രതല്ല അങ്ങനെ ഏകീഭവന സംഭവിച്ചത് എന്തുകൊണ്ട് ഏകീഭവനം സംഭവിച്ചത് നമുക്കറിയാം അതാണ് അതിനാണ് നമ്മൾ സുഷൃപ്തി എന്ന് വിളിക്കുന്നത് അത് ജാഗ്രത ഏകീഭവനം എന്ന് പറയുന്നത് കേവലം ഭാനമാണ് അത് ഭാനം പ്രതീതി അങ്ങനെ സംഭവിക്കും ഏകീഭവൻ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാകും അഹം ബ്രഹ്മേദി അദ്ഭാനം വിധിശംസീയ ഭാനം എന്ന് പറയും അത് മറ്റ് ലൗകീയമായ ഭാനങ്ങളെക്കാളും വിശേഷപ്പെട്ടത് എന്നേ ഉള്ളൂ പക്ഷെ പരമാർത്ഥത്തിലുള്ള ഏകീഭവനം സംഭവിച്ചാൽ പിന്നെ അവിടെ ഭാനമില്ല അത് സുഷുതി അവിടെ അനുഭവമില്ല അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇത് അനുഭവാതീതം എന്ന് പറയുന്നത് അനുഭവാതീതം എന്ന് പറയുന്നത് സുഷുതിയാണ് പറയുന്നത് ജാഗ്രത്തിൽ അനുഭവം വന്നാൽ അതിന് പരിമിതി ഉണ്ടാകും കേവലൊരു ഭാനമായിട്ടേ നീക്കത്തും അത് പരമാർത്ഥമാണ് പരമാർത്ഥ സുഷപ്തി മാത്രം സത് മാത്രം അതുകൊണ്ടാണ് ഈ സാങ്കേതികമായി ആത്മജ്ഞാനത്തെ കുറിച്ച് പറയുമ്പോൾ പറയും ആത്മജ്ഞാനം ഉണ്ടാകുന്നു പിന്നെ അത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു പിന്നെ സ്വയം ജ്ഞാനം നശിക്കുന്നു പിന്നെ കേവലം ആത്മാവിശേഷിക്കുന്നു എന്നെല്ലാം പറയുന്നത് ആർത്ഥത്തിലാണ് ആത്മജ്ഞാനത്തെ പരമാർത്ഥം എന്ന് പറയുന്നില്ല അതുകൊണ്ട് തന്നെ സുഷൃത്തിയിൽ ആത്മജ്ഞാനം ഇല്ല അങ്ങനെ ധരിക്കരുത് എല്ലാവരും സുഷൃത്തിയിൽ ആത്മജ്ഞാനികളാകുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെയും ധരിക്കരുത് സുഹൃത്തിയിൽ ആരും അങ്ങനെയാണെങ്കിൽ എല്ലാവരും മുക്കന്മാരായിരുന്നു ആർക്കും സംസാരാനുഭവം ഉണ്ടാകത്തില്ല സംഭവിക്കുന്നില്ല അത് സ്വരൂപസ്ഥിതി സഹജസ്ഥിതിയെക്കുറിച്ച് പറയുന്നു അതാണ് അതിന്റെ വാസ്തവസ്ഥിതി പക്ഷേ അത് ആത്മജ്ഞാനമായിട്ട് ബന്ധമൊന്നുണ്ട് ആത്മജ്ഞാനം സുഷ്ടിക്കാൻ അവിടെ ആത്മജ്ഞാനം ഇല്ലല്ലോ അജ്ഞാനിയില്ല ജ്ഞാനീ ഇല്ല രണ്ടുമല്ലാത്ത സ്ഥിതിയാണ് സുഷു ജാഗ്രതനുണ്ട് ജ്ഞാനിയുണ്ട് അജ്ഞാനിയുണ്ട് ജാഗ്രതത്തിൽ ചെറുവണ മനങ്ങളൊക്കെ ചെയ്ത് അതിന്റെ ചെയ്യുന്നവനാണ് ആത്മജ്ഞാനം ഉണ്ടാവും ആത്മബോധം ഉണ്ടാകും അതുണ്ടാകുന്നത് ജീവനാണ് അത് അയാൾ അതുകൊണ്ട് അയാൾ മുക്തനായിത്തീരുന്നു സുഹൃത്തി കൊണ്ടാരും മുക്തരാകുന്നില്ല സുഹൃത്തിയിൽ ആത്മാവ് സ്വയം മുക്തനായിരിക്കുന്നു ജാഗ്രതത്തിലെയും സ്വപ്നത്തിലെയും എങ്ങനെയാണോ അവൻ മുക്തനായിരിക്കുന്നത് അതുപോലെ പക്ഷെ ഒരു വ്യത്യാസം മാത്രം ജാഗ്രത സ്വപ്നങ്ങളില്ലാതെ മുക്തനായിരിക്കുന്നു പരമാർത്ഥത്തിൽ ജാഗ്രത സ്വപ്നങ്ങളോടുകൂടി തന്നെ ത്രികാലത്തിനും ആത്മാവ് മുക്തനായിരിക്കുന്നു വിശേഷിച്ച് ജാഗ്രത മുഴുവൻ സാധന ചെയ്താൽ ജാഗ്രതത്തിൽ ഒരാൾ മുക്തനായിത്തീരുന്നു ആ ജാഗ്രതയുടെ മുക്തി എന്ന് പറയുന്നത് അതെല്ലാം അനുഭവ വിഷയമാണ് സുസമ്മേജ്ഞത്വ അനുഭവ വിഷയത്വ അതെന്നെല്ലാം പറയുന്നു ജാഗ്രതയുടെ മുക്തി അനുഭവ വിഷയമാണ് ജാഗ്രതയുടെ ജ്ഞാന അനുഭവ വിഷയമാണ് പക്ഷെ സുഷുതി അനുഭവ വിഷയമാണ് ഏകീഭവനം അനുഭവിച്ചേമല്ല അത് കേവലമായ അവസ്ഥ അതിനെ വാക്കുകൊണ്ട് വർണ്ണിക്കാൻ വയ്യ എന്തിന് സമാധി എന്ന് പറയുന്നതൊരവസ്ഥയാണ് മനസ്സിന് അങ്ങനെ ഒരവസ്ഥയെപ്പോലും വാക്കുകൊണ്ട് വർണ്ണിക്കാൻ വയ്യ പിന്നെ കേവലമായ ആത്മസ്ഥിതി എങ്ങനെ വർണ്ണിക്കും അത് സാധ്യമല്ല അതുകൊണ്ട് സുഷുപ്ത ഏവസ്സും ആ സൃഷ്ടിയിൽ അവിടെ മാത്രം ആ ഏകീഭവനം ദേവതാ സ്വരൂപം ജീവത്വനിർമുക്തം ഇവിടെ ജീവഭാവമില്ലാതെ ദർശേഷ്യാമി അത് കാണിക്കാമിത്യാഹ സ്വപ്നാന്തമേ മമ്മ നികതോ അതാ ഞാൻ ഈ പറയുന്നതിൽ നിന്നും വിജാനേഹി വിസ്പഷ്ടം അവധാരി അറിയൂന്നെ പറയുന്നു പറഞ്ഞല്ലോ അറിവ് സർവർക്കും ഉണ്ട് സർവരും അനുഭവിക്കണം പ്രപഞ്ചാനുഭവം അല്ല ആത്മാനുഭവം ആപാല വൃദ്ധം ബുദ്ധിയുള്ള എല്ലാ ജീവികളും ആത്മാനുഭവത്തിലാണ് പക്ഷെ എന്താണ് അത് വിസ്പഷ്ടം അവധാര വിസ്പഷ്ടമായ ആജ്ഞാനവിടെയില്ല അതൊരാളാണ് പിന്നെന്താ അവിടെ തയ്യാറെടുത്ത് സംഭവിച്ചിരിക്കുന്നത് ആത്മാനുഭവത്തെ സർവജീവികളിലും സ്ഫിരിക്കുന്ന ആത്മാനുഭവത്തെ അജ്ഞാന സംശയവിപര്യങ്ങൾ ഒന്ന് ബാധിക്കുന്നു മറയ്ക്കുന്നു വിപരീതമാക്കുന്നു അങ്ങനെ പലതും ചെയ്യുന്നു അല്ലെങ്കിൽ സ്വതയാണെങ്കിലോ അത് ആത്മാനുഭവത്തിൽ തന്നെ ആത്മാനുഭവത്തിൽ നിന്ന് ആർക്ക് മാറി നീക്കാൻ പറ്റത്തില്ല പ്രകാശത്തിൽ നിന്ന് മാറിയിരിക്കാൻ വയ്യ സർവത്ര പ്രകാശമാണെങ്കിൽ എങ്ങനെ മാറിയിരിക്കും ഇതിലുള്ള ഒരു ഇടവില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മാറിയിരിക്കുന്നു അതുപോലെ ആത്മസ്ഫുരണത്തിലാണ് ജാഗ്രത സ്വപ്നികളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ആർക്കും മാറാൻ സാധ്യമല്ല അറിവിൽ നിന്ന് മാറാൻ സാധ്യമല്ല പക്ഷെ അതിന് ആവരണം ചെയ്യും അതുകൊണ്ട് പറയുന്നു വിസ്പഷ്ടം അതിനെക്കൂടെ മാറ്റണം ജാഗ്രത്തിന്മാർ സ്പഷ്ടമാക്കി അതിനെ നിശ്ചയിക്കുക ഇവിടെ ഈ ഉണർന്നിരിക്കുമ്പോൾ ഈ ബോധത്തെ ഗ്രഹിച്ചിരിക്കുന്ന അജ്ഞാന സംശയവിപരീയ ദോഷങ്ങൾ അതിവിടെ മാറ്റുന്നു അപ്പോ ഈ അജ്ഞാന സംശയ വിപരീയങ്ങൾ കൂടാതെ ഈ ആത്മബോധം പ്രകാശിക്കുമ്പോൾ അതിനെ പറയുന്നു ആത്മാനുഭവം എന്ന് പറയുന്നു അതിൽ ആഗ്രഹത്തിൽ കഥാസ്വപ്നാന്തോ ഭവ്യ ഭവതി എപ്പോഴാണോ പക്ഷെ എപ്പോഴാണോ ഏകീഭവന സംഭവിക്കുന്നത് അതും ഇവിടെയൊന്നും സംഭവിക്കുന്നില്ല എത്ര യസ്മിൻ ഗാനെ ഏതന്നാമ ഭവതി പുരുഷസ്യ ഉറങ്ങുന്നവനെ കുറിച്ച് പറയുന്നു സ്വപിതി എന്ന് പറയുന്നു എന്ന ഒരു പേരാണ് പ്രസിദ്ധം ഹി ലോക സ്വഭിതി സർവർക്കും അറിയാം സ്വബിദി എന്ന് പറയുന്ന പേര് എന്താ എല്ലാവരും അറിയുന്നുണ്ട് നമ്മളൊന്നും ഇതുവരെ അറിഞ്ഞില്ലല്ലോ സ്വബിദി എന്ന് പറയുന്ന പേര് പിന്നെ സംസ്കൃതം അറിയാവുന്നവർക്ക് തന്നെ അറിയാമായിരുന്നുണ്ട് ഉറക്കം ഉണർവ് സ്വപ്നം എന്നൊക്കെ പഴയകാലത്ത് സംസ്കൃതത്തിൽ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അവർ പറഞ്ഞിരുന്നു സ്വഭിതി ഉറങ്ങുന്നവനെ കുറിച്ച് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ലോകെ പ്രസിദ്ധം വേദം പഠിക്കാതെ തന്നെ വേദാന്തം വിചാരം ചെയ്യാതെ തന്നെ എല്ലാവരും പറഞ്ഞിരുന്നൊരു പേരാണ് നമ്മളിപ്പോ പറയുന്ന പോലെ ഉറക്കം ഉറങ്ങിയവൻ ഉറങ്ങുന്നവൻ എന്നെല്ലാം പറയുന്നതുപോലെ അതിന് പകരം ഉപയോഗിക്കുന്ന പേരാണ് സുബിജി ഗുണം ചെയ്ത ആ നാമം മുഖ്യമല്ല യഥാ സുബിജി ചെറിയ പ്രശസ്ത ാലെ സദാ സത് ശബ്ദവാചയാ പ്രകൃതയാ സമ്പന്നോതി വ്യക്തമായി പറയുന്നു അർത്ഥം എന്ന് വച്ചാൽ സത് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾ തന്നെ അസത്തെന്ന് നിഷേദിക്കാൻ കഴിയാതിരിക്കുന്നുവെന്ന് അഹം അസ്മി എന്നുള്ള അനുഭവത്തെ അഹം നാസ്മി എന്ന് നിഷേധിക്കാൻ കഴിയാതിരിക്കുന്നു സശ്ദവാശി അത് നമ്മൾ അറിയുന്നുണ്ട് ആ സത്ത് താൻ സത്താണെന്ന് ഓരോരുത്തരും അറിയുന്നുണ്ട് പ്രകൃതയ ദേവതയ ഇവിടെ സദേവ സൗമ്യം തുടങ്ങി ചർച്ച ചെയ്യുന്ന സമ്പന്നോ ഭൂതി സമ്പന്നനാകുന്നു സം പദ്ധതി അതാണ് സം പന്ന പതിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പന്ന എന്ന് പറയുന്നത് സംഗതനാകുന്നു എന്നുവെച്ചാൽ എന്താണ് ഏകീഭൂതോ ഭവതി ഏകനാകുന്നു രണ്ടായി നിക്കുന്നില്ല ബ്രഹ്മം വേറെ ജീവൻ വേറെ അങ്ങനെ നിക്കുന്നില്ല ഞാനും ബ്രഹ്മവും ഒന്നു തന്നെ അങ്ങനെ ഒരു അനുഭവത്തോടു കൂടി നിക്കുന്നില്ല ഒന്നുമില്ല ഒന്നായി തന്നെ ഇരിക്കുന്നു അവിടെ പിന്നെ എവിടെ അനുഭവം സുഷുത്തിയില്ല അത് മാത്രമായിരിക്കുന്നു അപ്പോ അത് കൊണ്ട് ഉറങ്ങുന്നതിനുള്ള ഗുടിക കഴിച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ ഏകീഭൂതനാകുമെന്ന് അങ്ങനെ ചെയ്യാം എന്നൊന്നും ആരും കരുതരു അവിടെയൊന്നും സംഭവിക്കത്തില്ല ബുദ്ധിയെ കേടാക്കാവുന്നേയും തളച്ചോറിനെ തകരാറാക്കാവുന്നേയും അങ്ങനെ ഏകീഭൂതനാകുന്നതിന് തലക്കിട്ട് തട്ട് കൊടുത്താണ് ഏകീഭൂതനാകും അവിടെയെല്ലാം മൂർച്ചയിലേക്ക് പോകും മൂർച്ചയും സുഷ്ടത്തി രണ്ടെണ്ണാണ് നമ്മൾ ചെയ്യുന്നതെല്ലാം മൂർച്ച അങ്ങനെ പറയുന്നു അർദ്ധ സുഷൃപ്തി ഈ ഭാഷകാലം പറയും സുഷൃപ്തി പോലെ ഉറക്കമാണ് പരമാർത്ഥം എന്ന് പറഞ്ഞു അതുകൊണ്ട് എന്റെ എല്ലാ ആത്മീയനെയും പോയി നിന്നും ആരും ധരിക്കരുത് എന്നണ്ട അതുകൊണ്ടൊന്നും പ്രയോജന എന്തുകൊണ്ട് അവിടെ സുഷ്ടിയിലെത്തുന്നില്ല സഞ്ചരിക്കുന്നു കാരണം വ്യക്തമായ തെളിവുണ്ട് അപ്പം ഇവിടെ ഇരുന്ന് എത്രയോ പേര് ഉറങ്ങുന്നു പക്ഷെ അവരിതൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട് ഇല്ലേ മിക്കവാറും പേര് ഇത് കേൾക്കുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് ഒരു മയക്കത്തിൽ അത് ഉറക്കമാണല്ലോ അവിടെ ഏകീഭവനം സംഭവിക്കുന്നില്ല അത് ഏകീഭവനം എപ്പോ എങ്ങനെ സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ പോയാ ചില ഭാഗ്യവാന്മാർക്ക് ഇപ്പോഴും അത് സംഭവിക്കും അപൂർവം പേർക്ക് എല്ലാവർക്കും അത് സംഭവിക്കത്തില്ല അത് നിർനിമിത്തം നിർനിമിത്തമായി സംഭവിക്കുന്ന കാര്യമാണ് ആ ഏകീഭവനത്തെ കുറിച്ചാണ് ഇവിടെ പറയും മയക്കത്തെ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല സമ്പന്നോ ഭൂതി സംഗത ഏകീഭൂതോ ഭൂതി മനസ്സി പ്രവിഷ്ടം മനയാദി സംസർഗകൃതം ജീവരൂപം പരിചയ വീണ് പറയും ഇതിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും ആത്മജ്ഞാനത്തെ മോക്ഷത്തെ എല്ലാം ഉറക്കമായിട്ട് പറഞ്ഞു ഇതെന്താണ് വിവരൊക്കെ ഇടല്ലേ എന്നൊക്കെ നമ്മൾ സംശയിച്ചു പോവും ചോദിക്കും ഉറക്കമാണെങ്കിൽ അതിന് എന്തിനാ സാധന എന്തിനാ ശാസ്ത്രം എന്തിനാ ഗുരുവെന്തിനാ ആശ്രമം തന്നെ വേണ്ടെന്ന് വെച്ച ആൾക്കാർ മടങ്ങിപ്പോ വീട്ടിൽ പോയിട്ട് ഉറങ്ങിയാ മതിയല്ലോ അതല്ല ഇവിടെ പറയുന്നു മനസ്സി പ്രവിഷ്ടം മനയാദി സംസർഗൃതം ജീവരൂപം നേരത്തെ പറഞ്ഞുള്ള തൃഷ്ടനുപ്രാവശ്യത് ആ അനുപ്രാവശ്യത്തെ കുറിച്ച് പറയുന്ന ആ ജീവരൂപം മനസ്സിൽ പ്രവിഷ്ടം മനസ്സിൽ പ്രവിഷ്ടമായിരിക്കുന്നു എന്നുവെച്ചാൽ മനസ്സാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്നു മനാതി സംസർഗകൃതം മനസ്സ് ഇന്ദ്രിയങ്ങൾ എന്നിന് ഈ സ്ഥൂലമായ ശരീരം ഇതിനോടെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു ഇതെല്ലാം കൂടെ കൂടി ചേർന്നാണ് ജീവൻ പറയുന്നത് അതൊരു അവിയൽ പോലെയാണ് ഒരുപാടുണ്ടാകും ഒരുപാട് സാധനങ്ങൾ അതിനകത്തുണ്ട് അതാണ് മനാതി സംസർഗ രൂപം ജീവരൂപം കൃതം ജീവരൂപം അതാണ് ജീവൻ എന്ന് പറയുന്നത് അനുപ്രവേശം ചെയ്യുന്നത് അതിനെ പരിത്യജ്യ പൂർണ്ണമായി ഉപേക്ഷിച്ചു ആ ജീവരൂപത്തെ വിടുന്നു അല്ലേ ആ സത്ത് തന്നെ നേരത്തെ പറഞ്ഞല്ലോ ആ സത്ത് വിചാരിച്ച് ഞാൻ പലതായി തീരട്ടെ അങ്ങനെ ആ സത്തിന് പലുതായി തീരട്ടെ എന്ന് സങ്കല്പിക്കാമെങ്കിൽ ഇതൊന്നും വേണ്ടെന്ന് സങ്കല്പിക്കാം ആ സത്ത് തീരുമാനിക്കുന്നു അത് സത്തിനെ കഴിയും പൂർണനാഭിയുടെ ദൃഷ്ടാന്തം പറയുന്നത് ചിലന്തി തന്നിൽ നിന്ന് ആ വലയെ പ്രസാരിപ്പിക്കും തന്നിലേക്ക് വീണ്ടും ചുരുട്ടിയെടുക്കും അത് അത് തീരുമാനിക്കുന്ന അതുതന്നെ സത്തിൽ ഈ സങ്കല്പം വരുന്നു സമുദ്രം തീരുമാനിക്കുന്നു എന്നിൽ തിര വേണോ തരംഗം വേണോ കുമള വേണോ ആ സമുദ്രത്തിനാ സ്വാതന്ത്ര്യമുണ്ട് എന്നാലും അതെല്ലാം സമുദ്രത്തിലാണല്ലോ സംഭവിക്കുന്നു ഇവിടെ സത്തിനാ സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ടെന്തുന്നു അത് സ്വയം തീരുമാനിക്കുന്നു വേണ്ട ഒരുപാട് ദൃഷ്ടാന്തങ്ങളിലൂടെ ഇത് വിശദീകരിക്കും ഇതെല്ലാം മതിയായി ഈ സംസാരം എന്ന് പറയുന്നത് ജാഗ്രത കൊണ്ട് സ്വപ്നം കൊണ്ട് തന്നെ മതിയായി അല്ലാതെ ജീവിതം കൊണ്ടോ അനേക ജന്മങ്ങളുകൊണ്ടോ അല്ല അത് വിരക്തനാകുന്നു സർവത്തിൽ നിന്നും അതിന് വിരക്തി സംഭവിക്കുന്നു പരിത്യേജ്യതല്ലാം വിടുന്നു അത് സഹജമായി സംഭവിക്കുന്നു സഹജ സഹജമായി തന്നെ ഇതിൽ നിന്ന് ജീവ സ്വപ് സ്ഫുരിക്കുന്നു സഹജമായി തന്നെ ജീവസ്വരൂപം അസ്തമിക്കുന്നു സൂര്യന്റെ ഉദയസമയങ്ങളെപ്പോൾ അസ്തമിക്കുന്നു അത് അന്ധകാരത്തിലേക്ക് പോകുന്നു കുതിക്കുന്നു പ്രകാശത്തിലേക്ക് വരുന്നു അതിന സൂര്യൻ തന്നെ ചെയ്യുന്നതാണ് അതിന് മറ്റു നിമിത്തങ്ങളുണ്ടാകാം ഭൂമിയോ അതിനെ സംബന്ധിച്ച് നമുക്ക് പല സിദ്ധാന്തങ്ങളും പറയാൻ കാണും ആത്യന്തികമായി നമുക്കൊന്നും അറിയില്ല അതുപോലെ തന്നെ ഇവിടെ ജീവസ്വരൂപം പരിത്യജ്യ ഈ ജീവഭാവത്തെ ആ സത്ത് തന്നെ വിടുന്നു സത്ത് തന്നെ സ്വീകരിച്ചത് എന്താ ഒരല്പസമയത്തേക്കാണ് ഈ സംസാരം അതിനാണ് നമ്മൾ ജാഗ്രത എന്ന് വിളിക്കുന്നത് അതിനു പിന്നെ നമ്മൾ ജന്മം എന്ന് പറയുന്നത് മരണമെന്ന് പറയുന്നത് ജന്മാന്തരങ്ങളെന്ന് പറയുന്നത് ക്ഷണികമായ ഈ ജാഗ്രതയാണ് അതിന്റെ സ്വരൂപം എന്താണ് കാലാതീതമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അത് ഈ കാലത്തെ വിടുന്നു കാലാതീതമായ ഭാവത്തെ പ്രാപിക്കുന്നു സുഷുതി കാലാതീതമാണ് അവിടെ കാലമില്ല ജാഗ്രതത്തിലെ കാലമുള്ളൂ ജാഗ്രതത്തിലെ കാലങ്ങളെ താരതമ്യാണെന്ന് നമ്മൾ പറയുന്നത് ഞാൻ ഇന്നലെ ഉറങ്ങി നാളെ ഉറങ്ങും ഇങ്ങനെ സുഷുതിയിൽ കാലം ആരോപിക്കുന്നത് അത് ജാഗ്രതത്തിലെ കാലത്തെ അങ്ങോട്ട് കടത്തിവിടുകയാണ് അത് കാലാതീതമാണ് അവിടെ കാലാനുഭവമില്ല കാലാനുഭവം ഉണ്ടെങ്കിൽ ജാഗ്രത ആയി അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അത് പരിത്തി ചെയ്ത് സ്വേച്ഛയാ ആ സ്പന്ദന അല്ലേ ജലത്തിൽ നിന്ന് ഒരു തരംഗം ഉയർന്നു വരുന്നു നമ്മളതിനെ തരംഗം എന്ന് വിളിക്കുന്നു അത് വീണ്ടും പഴയ രീതിയിലായ നിശ്ചലമായ അച്ചലിക്കാതിരുന്നതാണ് നമ്മളതിനെ സമുദ്രം എന്ന് പറയുന്നു ആ തരംഗം ഉയരുന്നതും തരംഗമില്ലാതാകുന്നതും നമ്മളെന്ത് പറയും സമുദ്രത്തിന്റെ സ്വഭാവം സമുദ്രം ജഡമായതുകൊണ്ട് ആ സ്വഭാവത്തിന് പലതും കൂട്ടുനീക്കുന്നു പക്ഷേ എന്നാലും അത് ജലത്തിന്റെ സ്വഭാവമാണ് വേറൊന്നും പറയാനില്ല അതുപോലെ ഇതിന്റെ സ്വഭാവമാണ് ഈ ജാഗ്രത സ്വപ്നവും സത്തിന്റെ സ്വഭാവമാണ് ആ സ്വഭാവം അത് വിടുന്നു പരിത്തേജി അതിനെ അതങ്ങ് വിടുന്നു സ്വ സൂപം യത് പരമാർത്ഥ സത്യം ജീവഭാവന അവിടെ ഇല്ലാതാകുന്നു സദ്രൂപത്തെ പറയുന്നു യത് പരമാർത്ഥ സത്യം അത് പരമാർത്ഥസത്യമാണ് അപ്പൊ സുഷുപ്തിയെ സംബന്ധിച്ച് നമ്മുടെ ഉദാഹരണങ്ങൾ ഒന്ന് നമ്മൾ പറയുന്നത് സുഷുതിയെ ഞാൻ അനുഭവിക്കുന്നു അത് നമ്മൾ ആലോചിക്കാതെ പറയുക അത് നമ്മൾ മനസ്സിലാക്കുക സുഷുപ്തി നമ്മൾ അനുഭവിക്കുന്നില്ല സൃഷ്ടി കേവലമായ അനുഭവമാണ് അതിനെ അനുഭവിക്കുന്നവനുണ്ട് ഈ ജാഗ്രതയിലിരിക്കുന്നവൻ അവനവിടെ ഉണ്ടായിരുന്നില്ല അവര് ദലിധാരണയാണ് സുഴുതി അനുഭവിക്കുന്നു ഇനി സുഷുപ്തിയിൽ ഞാൻ അനുഭവിച്ചു എന്തിനെങ്കിലും അത് അസംബന്ധമാണ് സുഴ്ത്തിയിലും ഈ അനുഭവിക്കുന്ന ഈ ഞാൻ ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് ഇവിടെ പറയുന്നു പരമാർത്ഥ സത്യം അത് പരമാർത്ഥ സത്യമാണ് അത് സത്യമാണ് അപ്പോൾ ഇന്നുള്ളതെല്ലാം സുഷൃത്യെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങളാണ് സുഷൃഷ് സംബന്ധിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ സങ്കല്പങ്ങളിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ഇവിടെ അതല്ല ജാഗ്രതയും സ്വപ്നത്തെയും സംബന്ധിച്ച് വിശകലനം ചെയ്തിട്ട് അവിടെ ജാഗ്രതനെ നിഷേധിച്ച് ബാക്കി ശേഷിക്കുന്നതാണ് സുശക്തി പരമാർത്ഥസത്യം എന്ന് പറയുകയാണ് അത് സുഴ്ത്തിയെ സംബന്ധിച്ചുള്ള ശരിയായ സങ്കല്പം മറ്റത് സുഴ്ത്തിയെ സംബന്ധിച്ചുള്ള ജ്ഞാനത്തോടു കൂടിയ സങ്കല്പങ്ങൾ അത് പരമാർത്ഥ സത്യമാണോ അപീതോ അഭിഗതോ ബോധി അപീതനാകുന്നു അഭിഗതനാകുന്നു അതിനെ ജീവൻ ആ പരമാത്മാവിനെ പ്രാപിക്കുന്നുവെന്നും പറയാം പല ഭാഷകളിൽ പറയും എന്നാൽ ഒരു ഭാഷയ്ക്കും എന്താ സംഭവിക്കുന്നതെന്ന് വ്യക്തമാക്കാൻ ഒട്ടും കഴിവുമില്ല ഒരു സങ്കല്പത്തിനും അതിനെ ഇന്നതാണ് എന്ന് നമ്മളെ ബോധിപ്പിക്കാൻ ശേഷി എന്നാലും ഇതിനെ നിഷേധിച്ചിട്ട് ശേഷിക്കുന്നത് എന്നുള്ള തരത്തിലതിനെ നമ്മളെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ് തസ്മത് യസ്മത് അഭീതോ ഭവതി അഭിഗതോ ഭവതി അത്മാതി ആചർഷതയെ ലൗകിക അതുകൊണ്ട് സാധാരണ മനുഷ്യനും പറയുന്നു ഉറങ്ങി അറിഞ്ഞില്ല സുഖമായിരുന്നു അതിന സാധാരണ മനുഷ്യനും പറയുന്നു അതിന്റെ പൊരുളും മനസ്സിലാക്കാം ചിന്തിക്കുന്നവൻ പറയുന്നു എന്താണ് അതിന്റെ പരമാർത്ഥം എന്ന് പറയുന്നു സ്വം ആത്മാനം ഹി യോഭവതി വീണ്ടും പറയും സ്വം ആത്മാനം സ്വരൂപത്തെ ഇത് സ്വരൂപമാണ് ഈ ജീവഭാവം സ്വരൂപമല്ല അതിനൊരു ഭ്രഷ്ട സംഭവിച്ചതാണ് അതിനൊരു മാറ്റം സംഭവിച്ചാണ് ഇതങ്ങനെയല്ല സ്വം ആത്മാനം സ്വസ്വരൂപത്തെ പ്രാപിക്കുന്നു അപീതോഭവതി എന്തിനാ ഇതിങ്ങനെ പറയുന്നത് ഉണർന്നിരിക്കുമ്പോൾ ജാഗ്രത്തിൽ എന്താണ് ആത്മാവ് ആത്മാവിന്റെ സ്വരൂപം എന്താണെന്ന് അവന് ബോധം ഉണ്ടാവണം അവനാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത് അപ്പൊ ആത്മാവിനെ സംബന്ധിച്ചുള്ള ശരിയായ അവബോധം അത് സുഷുതിയെ കുറിച്ച് മനസ്സിലാക്കി ജാഗ്രതൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത് സുഹൃത്തിയോടെ ചർച്ച ചെയ്യുന്നത് ഇതൊരു ദൃഷ്ടാന്തമാണ് ഇത് പരമാളത്വമാണ് കാരണം ഇത് ശ്രോതാവ് സുഹൃത്തിയിൽ പോയിട്ട് തിരിച്ചു വന്നവനാണ് അതുകൊണ്ട് അവനോട് സത്തിനെ കുറിച്ച് സച്ചിദാനന്ദം സത്യവഗ്രഹ സൃഷ്ടിക്കുമ്പോൾ സത്തൻ എന്നെല്ലാം പറയുമ്പോൾ സുഷൃക്തി ഒരു ദൃഷ്ടാന്തമായിട്ട് എടുത്ത് ചിന്തിക്കാം എന്തിനു സൃഷ്ടിക്കുന്നുള്ള ഉദാഹരണം അതേസമയം അതേ സുഷുക്തി തന്നെയാണ് ദാഷ്ടാന്തികമായിട്ട് വിരിക്കുന്നത് എന്തുകൊണ്ട് ബ്രഹ്മത്തിന് വേറെ ദൃഷ്ടാന്തമില്ല ബ്രഹ്മയേകവും അതിഥീയുമാണ് അതിനൊരു ഉദാഹരണം എന്തിനാ പറയണം ഒന്നുമില്ല അത് ദൃഷ്ടാന്തവും ദാഷ്ടാന്തികവുമായിരിക്കുന്നു പക്ഷെ ജീവൻ പ്രതീക്ഷണം ജാഗ്രത സ്വപ്ന സുഷുപ്തി മൂന്ന അവസ്ഥകളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നതുകൊണ്ട് ഈ ജീവഭാവത്തിലിരുന്നു കൊണ്ട് പരമാർത്ഥത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോൾ സുഷുപ്തി ഒരു ദൃഷ്ടാന്തമാകും അപ്പോൾ ആത്മതത്വത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധം അത് ശ്രോതാവിനുണ്ടാകുന്നു അതിനു വേണ്ടിയിട്ടാണ് അതിനെ വീണ്ടും വീണ്ടും ഇങ്ങനെ വിശദീകരിക്കുന്ന സ്വത്മാനം സ്വരൂപത്തെ യസ് മാവതി അതുകൊണ്ട് നമ്മൾ വെറുതെ പറയരുത് എന്താണ് നമ്മളെല്ലാം ചർച്ച ചെയ്തു മനസ്സിലാക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി ഉറക്കമാണ് ആത്മാവ് അങ്ങനെ പറയരുത് ഉറക്കമാണ് ആത്മാവെന്നെല്ല പറയും ഉറക്കമാണ് ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിവില്ലായ്മയാണ് ആത്മാവെന്ന് പറയും കാരണം ഉറക്കമെന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പം അറിവില്ലായ്മയെന്നാണ് അത്തരം ഒരു കാര്യമല്ല ഇവിടെ വളരെ സൂക്ഷ്മമായി ബോധിപ്പിക്കുന്നത് പരമാർത്ഥ സത്യം നമുക്ക് എങ്ങനെ നമ്മൾ മനസ്സിലാക്കി തരാൻ പറ്റും അതിനുള്ള ഒരു ശ്രമം നടത്തുകയാണ് ശ്രുതി ഗുണനാമപ്രസിദ്ധിതോ അഭി സ്വപ്നപ്രാപ്തിർഗമ്യത അഭിപ്രായ പ്രസിദ്ധോപി ഇത്തരത്തിലാണത് സർവ്വം അറിയുന്നത് അതിലൂടെ തന്നെ സ്വപിതി ഉറങ്ങുന്നു അറിയുന്നില്ല ആനന്ദമാണോ ഇങ്ങനെയുള്ള ഈ പ്രയോഗങ്ങൾ അതിനെ സ്വപ്ന സംസ്കൃതി പറയുന്നതിന് താല്പര്യതാണ് ഞാനവിടെ ഉണ്ടാക്കതുപോലെ ഒരു ജീവന്റെ അനുഭവമാണ് ജാഗ്രത സ്വപ്നവും ചുരുത്തി ഒരു ജീവൻ ബുദ്ധി ചിന്തിക്കാൻ കഴിയുന്നുള്ള എല്ലാ ജീവന്മാരും പണ്ഡിതനായിക്കൊള്ളട്ടെ പാപനായ കൊള്ളട്ടെ അവൻ ചിന്തിച്ചിരിക്കും എന്താണ് ഈ സുഷൃപ്തി എന്താണ് ഈ ഉറക്കം എന്താ അവിടെ സംഭവിച്ചത് ചിന്തിക്കാതെ എന്തുകൊണ്ട് ജാഗ്രതനെ കുറിച്ചവൻ ചിന്തിക്കുന്നു സ്വപ്നം കണ്ടുകഴിഞ്ഞാൽ സ്വപ്നത്തെ കുറിച്ച് ചിന്തിക്കുന്നു സുപ്തിയെ കുറിച്ചവൻ ചിന്തിക്കും സ്വാഭാവികമായി ചിന്തിക്കും ഒരു ശാസ്ത്രത്തിൻ്റെ സഹായമില്ല അന്ന് പറയുന്നത് ഗുണനാമ പ്രസിദ്ധതോട്ടി സർവ ലോക അറിയുന്നുണ്ട് ആണെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ വിശേഷിച്ച് ചിന്തിച്ചാൽ ശാസ്ത്രത്തിന്റെ സഹായത്തോടെ ഗുരുവിന്റെ സഹായത്തോടെ ചിന്തിച്ചാൽ സ്വമ സ്വത്നപ്രാപ്തിർ ഗമ്യത സ്വപ്നപ്രാപ്തി സ്വപ്നബോധം അതുണ്ടാകും അത് സഹജമായി സംഭവിക്കും ജാഗ്രത്തിൽ ശ്രവണമലനങ്ങളിൽ സാധനയിലൂടെ സംഭവിക്കും അതിലെല്ലാം പുരുഷയത്നത്തിന്റെ സ്ഥാനം എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നിത്യഭിപ്രായ കഥം പുനർ ലൗകികാന പ്രസിദ്ധ സ്വപ്നസമ്പത്തി ഇതങ്ങനെ സർവക്കും പ്രസിദ്ധമായിരിക്കുന്നു ചോദിക്കുകയാണ് സ്വപ്നസമ്പത്തി അത് സർവർക്കും അറിയാമെന്ന് എന്തുകൊണ്ട് പറഞ്ഞു പറയുന്നു ജാഗ്രത് ശ്രമ നിമിത്ത ഉദ്ഭവത്വ സ്വാപീത്യാഹു ജാഗ്രത് ശ്രമനിമിത്ത ഉദ്ഭവം എന്തുകൊണ്ടാണ് അവിടെ പോകുന്നു എന്തുകൊണ്ട് സംസാര വിനർമുക്തി സംഭവിക്കുന്നു അല്ലേ സംസാരമുള്ളിടത്താണ് സംസാര വിനർമുക്തി ദുഃഖം ഉള്ളിടത്താണ് ദുഃഖം നിവൃത്തി സംഭവിക്കുന്നു സുഷുക്തി ദുഃഖം നിവൃത്തി എന്തുകൊണ്ട് സംഭവിക്കുന്നു ജാഗ്രത സുഖങ്ങൾ ദുഃഖമുള്ളതുകൊണ്ട് തന്നെ എന്താണ് അവിടുത്തെ ദുഃഖമെന്ന് പറയുന്നത് ജാഗ്ര ശ്രമ നിമിത്തോദ്ഭവ ജാഗ്രത ജീവനും ഒരുപാട് ശ്രമമുണ്ട് ശബ്ദസ്പർശ രൂപ സഗന്ധങ്ങളെ സ്വീകരിക്കുക അതിന്റെ ഫലമായുള്ള സുഖുഃഖങ്ങളെ അനുഭവിക്കുക എണ്യാൾ കൊടുക്കാത്ത ശ്രമമാണ് ജാഗ്രത സ്വപ്നം അടുത്ത് ശകുനിയ ദൃഷ്ടാന്തം പറയും പക്ഷിയുടെ ദൃഷ്ടാന്തം പറയും പക്ഷിയെ പക്ഷിയെ വേട്ടയാടിയ അതിനെ നൂലിൽ അത് സദാ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ആ ബന്ധനത്തിൽ നിന്ന് മോചിക്കുക അതിന് വേണ്ടിയിട്ടാണത് ആ കുറ്റിയിൽ നിന്ന് അതിൻ്റെ കാല് രണ്ടും കെട്ടിയെങ്കിലും പറക്കാശ്രമം ഇതുവരെ പറ പക്ഷെ ആ ശ്രമം അത് തളർന്നു പോകത്തേ ഉള്ളൂ കാരണം ബന്ധനശക്തമാണ് തിളന്ന എന്തിയും ആ കുറ്റിയുടെ ചൂട്ടിൽ ഒന്ന് വീ ദൂരോട്ട് എത്ര ശക്തമായി പറക്കുന്നു ശക്തമായി തിരിച്ചു വരും എത്രമാത്രം ശ്രമം ഇവിടെ ഉണ്ടാകുന്നു അത്രമാത്രം വിശ്രാന്തി സംഭവിക്കും ഒരു പക്ഷിയെ പോലെ ജീവൻ എന്ത് ചെയ്യുന്നു ഈ ബന്ധനത്തിൽ നിന്ന് മോചിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പുറക്കുകയാണ് അവന് പിടികിട്ടുന്നില്ല എന്താ ബന്ധനം പക്ഷിക്ക് അറിയാമോ ഇവനെങ്ങനെയാ ബന്ധിച്ചതെന്ന് ബന്ധനത്തിന്റെ സ്വഭാവം പക്ഷിക്ക് അറിയത്തില്ല പക്ഷെ എന്തോ സംഭവിച്ചതെന്നറിയ അതുകൊണ്ടത് ആ ബന്ധനത്തിൽ നിന്ന് പുത്തറി ശ്രമിക്കുകയാണ് പറന്ന ശ്രമിക്കുകയാണ് പക്ഷെ എത്ര ശക്തിയായി പറന്ന് അകലാശ്രമിക്കുകയോ അത്രയും അടുത്ത് കുറ്റി തന്നെ വരും കെട്ടിയെടുത്ത് തന്നെ വരും ഇതാണ് ജാഗ്ര സ്വപ്നങ്ങളെന്ന് പറയുന്നത് ജാഗ്രസ്വപ്നങ്ങൾ ഈ ശ്രമമാണ് ഈ ബന്ധനത്തിൽ നിന്ന് ഈ ജീവനും മോചിക്കണം എന്ത് ബന്ധനം ബന്ധനത്തിന്റെ സ്വഭാവം എന്താണ് എങ്ങനെ മോചനം എന്നറിയത്തില്ല ഇവിടെ എന്താ ചെയ്യുന്നത് അവൻ വിഷയങ്ങൾ ആഗ്രഹിക്കുന്നു അത് സച്ചിദാനന്ദ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നു ഇതിലൂടെ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് സച്ചിദാനന്ദമാണല്ലോ ആശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ശരിയായ രീതിയിലല്ല ആശ്രമം സഹായമില്ലാതെ ശൃതിയുടെ സഹായമില്ലാതെ സഹജമായി ശ്രമിക്കുന്നു പക്ഷേ അല്ലെങ്കിൽ സഹായത്താൽ ശ്രമിച്ചാലും മറ്റൊരാളൊന്നും ബന്ധനത്തെ വിച്ഛേദിച്ചിട്ടത് പറഞ്ഞാലോ അത് മുക്തമാകും അതുപോലെ ഇവിടെ ആരെങ്കിലും വന്ന ബന്ധനത്തെ വിച്ഛേദിച്ചിട്ട് മുക്തമാക്കിയ മുക്തമാക്കും അല്ലെങ്കിലും ഇത് പറക്കും വീണ്ടും ആ കുറ്റിയിൽ തന്നെ വരും അത് ബന്ധനത്തിൽ നിന്നുള്ള മുക്തിയല്ല ജാഗ്രസ്വപ്നങ്ങളിൽ നിന്ന് സുഷ്ടയിലേക്ക് പോകുന്നതു കൊണ്ട് ഈ സംസാരത്തിൽ നിന്ന് മോചിക്കാൻ കഴിയുന്നില്ല പക്ഷി പറന്നിട്ട് വീണ്ടും കുറ്റിയുടെ ചുവട്ടി തോന്നുകൊണ്ട് അവന് ബന്ധനത്തിൽ മോചിക്കാൻ കഴിഞ്ഞ സ്വതന്ത്രമായി പുറക്കാൻ കഴിഞ്ഞോ ഇല്ല അതാണ് ജാഗ്രത സ്വപ്നങ്ങളെന്ന് തൊഴുപത്തിയിൽ പോകുമ്പോൾ സംഭവിക്കുന്നത് അങ്ങനെയാണ് കന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ജാഗ്രതത്തിലേക്കും സ്വപ്നത്തിലേക്കും അവൻ പോകുന്നത് മോചിക്കാനാണ് തന്റെ സത്യസ്വരൂപത്തെ സാക്ഷാത്കരിക്കാനാണ് അവിടെ രണ്ടിടത്തും അത് സംഭവിക്കുന്നില്ല മറ്റെന്തോ ഒക്കെ സംഭവിക്കുന്നു പക്ഷിക്കും മറ്റെന്തോ ഒക്കെ സംഭവിച്ചല്ലോ അത് ക്ഷീണിച്ചു ദുഃഖം അനുഭവിച്ച് അതിന്റെ ചിറക് നഷ്ടപ്പെട്ടു എല്ലാം സംഭവിച്ചു ജീവനും അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടാകും അതുകൊണ്ട് അതിന് ക്ഷീണം വരുന്നു അത് അതിന്റെ കുറ്റിയിലേക്ക് പോകും സുഷൃത്തിയിലേക്ക് പോകും കുറച്ച് സമയം അത് വിശ്രമിക്കുന്നു അതുകൊണ്ടും അതല്ലേ ആ സത്തിനെ പ്രാപിച്ചിട്ട് സതിസമ്പത്തിന വിധ സതിസമ്പദ് മഹേഷ് അറിയുന്നില്ല അവിടെ മോചനം മോക്ഷം സംഭവിക്കുന്നില്ല ജീവന് സുഷ്ടത്തി കൊണ്ട് മുക്തി സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത് അവർക്ക് എന്ത് സംഭവിക്കുന്നു തൻ്റെ ഈ ആയാസത്തിനൊരു താത്കാലികമായ മോചനം പക്ഷി സംബന്ധിച്ചതൊരു തളർച്ചമാറ്റലാണ് എന്തിനു വീണ്ടും പറക്കാനാണ് തളർച്ച മാറ്റുന്നത് നമ്മുടെ ജീവനെ സംബന്ധിച്ചും ഈ ഒരു തളർച്ച മാറ്റലാണ് താത്കാലികമായ ഒരു മുക്തി പക്ഷെ ആ മുക്തി അവൻ വീണ്ടും വരുന്ന വീണ്ടും പറക്കാൻ വീണ്ടും ജാഗ്രത ബന്ധനത്തിലേക്ക് വരികയാണ് അതാണ് ഇവിടെ പറയുന്നത് സ്വപ്നസമ്പത്തൊരു ജാഗ്രശ്രമനിമിത്ത ഉദ്ഭവാ ഈ സ്വപ്നസമ്പത്തി എന്ന് പറയുന്നത് ഈ ജാഗ്ര ശ്രമത്തിൽ നിന്നും ഉണ്ടായതാണ് തിരിച്ചവിടേക്ക് സഹജമായി പോകുന്നു സ്വാപസ്യ സുപ്തി അതാണ് അതുകൊണ്ട് എന്തുകൊണ്ടെന്നാൾ സുഷൃതിയിൽ മുക്തനാകുന്നില്ല സൃഷ്ടിയിൽ പോയിട്ട് എന്തുകൊണ്ടൊരാൾ ആത്മജ്ഞാനിയാകുന്നില്ല ആത്മജ്ഞാന ആവശ്യമില്ലല്ലോ സുഷൃപ്തി മതിയല്ലോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല ആ സൃഷ്ടി എന്ന് പറയുന്നത് പക്ഷിയുടെ തളർച്ച പോലെയാണ് അത് ബന്ധനത്തിൽ നിന്നുള്ള മോചനമല്ല അങ്ങനെ സത്തിനെ ഇവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് സത്തതാണ്